അള്ളാഹു സുബഹാനഹൂത്താലായുടെ ഒരു ദാസനാകാൻ മസീഹയോ അല്ലെങ്കിൽ അടുപ്പമുള്ള മലക്കുകളോ ഒരിക്കലും വിസമ്മതിക്കുകയില്ല എന്നാൽ അവൻറെ ആരാധനയിൽ നിന്ന് വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ അവനെല്ലാവരെയും തന്റെ അടുക്കലേക്ക് ഒരുമിച്ചു കൂട്ടും